നിങ്ങളിൽ പരിശുദ്ധരായ വിശ്വാസിനികളെ വിവാഹം കഴിക്കാൻ സാമ്പത്തിക ശേഷിയില്ലാത്തവർ നിങ്ങളുടെ വലതുകൈകൾ ഉടമപ്പെടുത്തിയ വിശ്വാസിനികളായ യുവതികളിൽ നിന്ന് വിവാഹം കഴിക്കട്ടെ നിങ്ങളുടെ വിശ്വാസത്തെക്കുറിച്ച് അള്ളാഹുസുബാനഹൂവ താലായ്ക്കു കൂടുതൽ അറിയാം നിങ്ങൾ പരസ്പരം ബന്ധപ്പെട്ടവരാണ് അതിനാൽ അവരുടെ വീട്ടുകാരുടെ അനുമതിയോടെ വിവാഹം കഴിക്കുകയും മാന്യമായ രീതിയിൽ അവർക്ക് പ്രതിഫലം നൽകുകയും ചെയ്യുക അവർ വ്യഭിചാരത്തിലോ രഹസ്യബന്ധങ്ങളിലോ ഏർപ്പെടാത്ത പരിശുദ്ധരായിരിക്കണം അവർ വിവാഹിതരായ ശേഷം ഏതെങ്കിലും മ്ളേച്ഛമായ പ്രവൃത്തി ചെയ്താൽ പരിശുദ്ധരായ സ്ത്രീകൾക്ക് ലഭിക്കുന്ന ശിക്ഷയുടെ പകുതി മതി അവർക്ക് നിങ്ങളിൽ ലൈംഗികാസക്തിയാൽ ബുദ്ധിമുട്ടുന്നവർക്ക് വേണ്ടിയാണിത് എന്നാൽ നിങ്ങൾ ക്ഷമിക്കുന്നത് നിങ്ങൾക്ക് കൂടുതൽ ഉത്തമമാണ് അള്ളാഹു സുബഹാനഹുവ ചായാല ഏറെ പൊറുക്കുന്നവനും കരുണാനിധിയുമാണ്